വിശ്വാസികളെ നിങ്ങളിലൊരാൾക്ക് മരണമെടുക്കുകയും വസീയത്ത് ചെയ്യേണ്ട സമയമാവുകയും ചെയ്താൽ നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടുപേരോ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായിരിക്കും മരണം സംഭവിച്ചതാണെങ്കിൽ നിങ്ങളല്ലാത്ത മറ്റുള്ളവരിൽ നിന്നുള്ള രണ്ടുപേരോ സാക്ഷികളാകണം നമസ്കാരത്തിനു ശേഷം അവരെ നിങ്ങൾ തടഞ്ഞു നിർത്തുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവർ അല്ലാഹുസുബഹാനഹുവറ്റായാലയുടെ നാമത്തിൽ സത്യം ചെയ്യണം ബന്ധുവാണെങ്കിൽ പോലും ഞങ്ങളിതിനു പ്രതിഫലം സ്വീകരിക്കുകയില്ല ഒവാഹുസുബാനുഭവത്ത ആായുടെ സാക്ഷ്യത്തെ ഞങ്ങൾ മറച്ചുവെക്കുകയുമില്ല അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ പാപികളായിത്തീരും